ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നതല്ലാതെ നിങ്ങൾ ഞങ്ങളോട് വിദ്വേഷം വെച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ക്ഷമ നൽകേണമേ ഞങ്ങളെ മുസ്ലിംകളായി മരിപ്പിക്കണമേ